അധ്യായം പതിനാല് യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ നിങ്ങൾ തിരിഞ്ഞ് മിക്ഡോലിനും കടലിനും മധ്യേ ബാൽസെഫോന് സമീപത്തുള്ള പീഹ ഹീറോത്തിനരികെ പാളയമിറങ്ങണമെന്ന് ഇസ്രയേൽ മക്കളോട് പറക അതിന്റെ ഒരു സമീപത്ത് സമുദ്രത്തിനരികെ നിങ്ങൾ പാളയമിറങ്ങണം എന്നാൽ അവർ ദേശത്ത് ഉടലുന്നു മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് പറവോൻ ഇസ്രയേൽ മക്കളെക്കുറിച്ച് പറയും പരവോൻ അവരെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കും ഞാൻ യഹോവയാകുന്നു എന്ന് മിസ്രൈമ്യർ അറിയേണ്ടതിന് പറവോനിലും അവന്റെ സകല സൈന്യങ്ങളിലും ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും അവർ അങ്ങനെ ചെയ്തു ജനം ഓടിപ്പോയി എന്ന് മിശ്രയും രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ജനത്തെ സംബന്ധിച്ച് പറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മനസ്സുമാറി ഇസ്രയേല്യരെ നമ്മുടെ അടിമവേലയിൽ നിന്ന് വിട്ടയച്ചു കളഞ്ഞുവല്ലോ നാം ഈ ചെയ്തതെന്ത് എന്നവർ പറഞ്ഞു പിന്നെ അവൻ രഥം കെട്ടിച്ച് പഠജനത്തെയും വിശേഷപ്പെട്ട അറുനൂറ് രഥങ്ങളെയും മിസ്രൈമിലെ സകല രഥങ്ങളെയും അവയ്ക്ക് വേണ്ടുന്ന പേരാളികളെയും കൂടി യഹോവ മിസ്രൈം രാജാവായ ഫറവന്റെ ഹൃദയം കഠിനമാക്കിയിരുന്നതിനാൽ അവൻ ഇസ്രായേൽ പിന്തുടർന്നു എന്നാൽ ഇസ്രയേൽ മക്കൾ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടിരുന്നു ഫറവോന്റെ എല്ലാ കുതിരയും രഥവും കുതിരപ്പടയും സൈന്യവുമായി മിസ്രമ്മർ അവരെ പിന്തുടർന്നു കടൽക്കരയിൽ ബാൽ സെഫോന് സമീപത്തുള്ള പിഹാ ഹീറോത്തിൻ അരികെ അവർ പാളയമിറങ്ങിയിരിക്കുമ്പോൾ അവരോടടുത്തു ഫറവോൻ അടുത്തുവരുമ്പോൾ ഇസ്രയേൽ മക്കൾ തല ഉയർത്തി മിസ്രമ്മർ പിന്നാലെ വരുന്നത് കണ്ടു ഏറ്റവും ഭയപ്പെട്ടു ഇസ്രയേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു അവർ മോശയോട് മിസ്രയിമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത് നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത് മിസ്രൈമർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണമെന്ന് ഞങ്ങൾ മിസ്രയിമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിശ്രയിംക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് പറഞ്ഞു അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട ഉറച്ചുനിൽപ്പീൻ യഹോവ ഇന്നു നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളീൻ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിശ്രയും ഇനി ഒരു നാളും കാണുകയില്ല യഹോവ നിങ്ങൾക്കുവേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്നു പറഞ്ഞു അപ്പോൾ യഹോവ മോശയോട് അരുളി നീ എന്നോട് നിലവിളിക്കുന്നതെന്ത് മുമ്പോട്ടു പോകുവാൻ ഇസ്രയേൽ മക്കളോട് പറയാ വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കാം േൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോകും എന്നാൽ ഞാൻ മിസ്രൈമ്യരുടെ ഹൃദയത്തെ കഠിനമാക്കും അവർ ഇവരുടെ പിന്നാലെ ചെല്ലും ഞാൻ ഫറവോനിലും അവന്റെ സകല സൈന്യത്തിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും ഇങ്ങനെ ഞാൻ ഫറവോനിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെത്തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയാകുന്നുവെന്ന് മിസ്രൈമ്യർ അറിയും അനന്തരം ഇസ്രയേലിയരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്നു മാറി പിമ്പിൽ പോയി നിന്നു രാത്രി മുഴുവനും മിശ്രയിമ്യരുടെ സൈന്യവും ഇസ്രയേലരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു അവർക്കു മേഘവും അന്ധകാരവുമായിരുന്നു ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കിക്കൊടുത്തു മോശ കടലിന്മേൽ കൈനീട്ടി യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു ഇസ്രയേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു മിസ്രൈമിർ പിന്തുടർന്നു പറവോന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു പ്രഭാതയാമത്തിൽ യഹോവ അഗ്നി മേഘസ്തംഭത്തിൽ നിന്ന് മിസ്രൈമ്യ സൈന്യത്തെ നോക്കി മിസ്രൈമ്യ സൈന്യത്തെ പാറുമാറാക്കി അവരുടെ രഥ ചക്രങ്ങളെ തെറ്റിച്ചു ഓട്ടം പ്രയാസമാക്കി അതുകൊണ്ട് മിസ്രൈമ്യർ നാം ഇസ്രയേലിനെ വിട്ട് ഓടിപ്പോക യഹോവ അവർക്കുവേണ്ടി മിസ്രൈമ്യരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യഹോവ മോശയോട് വെള്ളം മിശ്രൈമ്യരുടെ മേലും അവരുടെ രഥങ്ങളിന്മേലും കുതിരപ്പടയുടെ മേലും മടങ്ങിവരേണ്ടതിന് കടലിന്മേൽ കൈനിട്ടുക എന്ന് കൽപ്പിച്ചു മോശ കടലിന്മേൽ കൈനിട്ടി പുലർച്ചയ്ക്ക് കടൽ അതിന്റെ സ്ഥിതിയിലേക്ക് മടങ്ങിവന്നു മിശ്രമർ അതിനെതിരായി ഓടി യഹോവ മിശ്രയിമരെ കടലിന്റെ നടുവിൽ തള്ളിയിട്ടു വെള്ളം മടങ്ങിവന്നു അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടയെയും ഹറവന്റെ സൈന്യത്തെയുമെല്ലാം മുക്കിക്കളഞ്ഞു അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല ഇസ്രയേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി വെള്ളം അവരുടെ ഇടത്തും വലതും മതിലായി നിന്നു ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രേല്യരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു മിസ്രൈം കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്നത് ഇസ്രയേല്യ കാണുകയും ചെയ്തു യഹോവ മിസ്രൈമ്യരിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രയേല് കണ്ടു ജനം യഹോവയെ ഭയപ്പെട്ടു യഹോവയിലും അവന്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു